ൂ സത്യം നാമനൊക്കെ സത്യം എന്ന് പറയുന്നൊന്നില്ലെന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് കാരണം നമുക്ക് എങ്ങോട്ടാ പോകുന്നു ഭാഷികാരം പറഞ്ഞ നിത്യത്തെ കുറിച്ചാണ് സത്യത്തെ കുറിച്ചല്ല നിത്യവും അനിത്യവും നിത്യം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നതിന് തമ്മിൽ വ്യത്യാസം ഉണ്ട് ഇതാണ് വ്യത്യാസം ആ ത്രികാലത്തിലും ബാധിക്കപ്പെടാതിരിക്കുന്നതാണ് സത്യം മൂന്ന് കാലത്തിലും ബാധിക്കാതെ മൂന്നുകാലത്തിലും നനാക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത് അപ്പൊ നിത്യം അനിത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് സാധാരണ രീതിയിൽ അപ്പൊ അനിത്യത്തിന് നേരെ വിപരീതമാണ് നിത്യം പുസ്തകം ഇത് അനിത്യമാണ് എന്നാ കുറെ കാലം ഇത് നിത്യവുമാണ് അപ്പൊ ആത്മാവിന് നിത്യം ഒന്നും നിത്യം അനിത്യം എന്ന് പറയുന്നിടത്ത് ആപേക്ഷികമായി പറയാണ് ആത്മാവ് നിത്യമാണ് കർമ്മഫലം അനിത്യമാണ് മനസിലായ സത്യം അസത്യം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് സത്യവും ആത്മാവാണ് അസത്യം പ്രപഞ്ചമാണ് എന്തുകൊണ്ട് മിഥ്യാണ് അസത്യം എന്ന് പറഞ്ഞാൽ മിഥ്യ എന്നർത്ഥമുണ്ട് അനിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമില്ല എന്തുകൊണ്ട് ആത്മാവ് നിത്യം പുസ്തകം അനിത്യം കാരണം അനിത്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുമെല്ലാം പക്ഷെ അസത്യം അല്ലെങ്കിൽ മിഥ്യ എല്ലാവരും അംഗീകരിക്കുന്നതല്ല അത് അപ്പൊ നിത്യാനിത്യം എന്ന് പറയുന്നത് സത്യ അസത്യം എന്ന് പറയുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട് ആത്മാവിനെ നിത്യം എന്നും സത്യമൊന്നും പറയാം പക്ഷെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ എന്ന അർത്ഥം വരും അനിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നവരെന്ന ഒരർത്ഥം വരും രണ്ടും വ്യത്യസ്തമാണ് പ്രപഞ്ചം അനിത്യമാണെന്ന് എല്ലാവരും സ്വീകരിക്കും നശിച്ചു പോകുന്നുണ്ട് പക്ഷെ അവരാരും ഇതിനും അസത്യം ഒന്നും സ്വീകരിക്കുന്നില്ല അസത്യംന്ന് സ്വീകരിച്ചാ എന്താ കുഴപ്പം വരുന്നത് പ്രപഞ്ച അസത്യം ഒന്ന് സ്വീകരിച്ചാ എന്താ പ്രശ്നം ഒന്നും തലയിൽ കയറി എന്നാണ് വിഷയം ഇല്ലെന്ന് പറയുന്ന നിത്യാണ് അർത്ഥം വരും പ്രപഞ്ച ആതിഥ്യം എന്ന് പറഞ്ഞാൽ എന്തര്ത്ഥം വരും നശിച്ചു പോകുന്നു രണ്ടുമുള്ളത്യാസമുണ്ട് എന്താ വ്യത്യാസം ആ മിഥ്യ അസത്യം എന്ന് പറഞ്ഞാൽ മിഥ്യ എന്നർത്ഥം വരും മിഥ്യ എന്ന് പറയുമ്പോ രജിസർപ്പം പോലെ മരുപരീചിക പോലെ എന്നൊക്കെ വരും ആസ്യമായ അനിത്യംന്ന് പറഞ്ഞാലോ ഈ പുസ്തകം പോലെ ഈ മേശ പോലെ ഈ ശരീരം പോലെ എന്നുള്ള അർത്ഥമേ ശിച്ചു പോകുന്നതാണല്ലേ വരും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷികാരം പറയുന്ന നിത്യം അനിത്യം ഒന്നാണ് സത്യം അസത്യം ഒന്ന് അല്ല ഇവിടെ ഇത് അസത്യത്തെ കുറിച്ചുള്ള ചർച്ചയല്ല അനിത്യത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അതിന് ഭാവനികാരെവിടെ കൊണ്ടുപോയി അനിത്യത്തെ കുറിച്ചുള്ള ചർച്ചയെ അസത്യത്തിലേക്ക് കൊണ്ടുപോയി എന്താണ് എന്താ പറയാ ആ അത് വരെ ധ്രഹ്മർമ്മിന്ന് പറയുന്ന നിത്യ അനിത്യ വസ്തുവേകവും സത്യ അസത്യം എന്ന് പറയുന്നത് തമ്മില് വ്യത്യാസമാണ് ആത്മാവ് മറ്റുള്ളവരെ സംബന്ധിച്ചത് നിത്യമാണ് അദ്വൈതിക്ക് മാത്രമല്ല അസത്യവുമാണ് പക്ഷെ പ്രപഞ്ചം അങ്ങനെയല്ല പ്രപഞ്ചം അദ്വൈതിക്ക് അസത്യമാണ് മറ്റുള്ളവർക്ക് അനിത്യമാണ് അനിത്യവും സത്യമായിട്ടൊക്കെ അവർ പറയും നിത്യമായിട്ടും അസത്യമായിട്ടും ഒക്കെ പറയും പ്രപഞ്ചത്തിൽ ചിലതൊക്കെ അവര് പറയും നിത്യമാണ് ചിലതൊക്കെ അനിത്യം പറയും ഇപ്പൊ താർക്കികന്മാര് പറയും പ്രപഞ്ചത്തിൽ ആകാശം നിത്യമാണ് പരമാണു നിത്യമാണ് പുസ്തകാനിത്യമാണ് സത്യം അസത്യം എന്ന് പറയുന്നതിന് വലിയ വ്യത്യാസമാണ് അദ്വീതികൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടാണ് അസത്യം എന്ന് പറയുന്നത് അപ്പോ അസത്യം അനിത്യം എന്ന് പറയുന്നതിനെ അസത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ഇവിടെ ഭാവതികാരന് വലിയ പണ്ഡിതനാണെങ്കിലും എന്താണ് വേണ്ടത്ര ഗൗരവത്തിലല്ല ചിന്തിച്ചതെന്ന് അർത്ഥം മനസിലായ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കും തന്റെ വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എഴുതിയിരിക്കും അതുപോലെ അസത്യം സത്യം നാമെന്നെ കഞ്ഞൊരു അസ്ഥീതി വായിച്ചത് സത്യം എന്ന് പറഞ്ഞൂടെ ഒന്നും ഇല്ല പറയാൻ പറ്റില്ല അത് ഭാവതികാലം പറയുന്നത് ആത്മാവ് സത്യമാണ് ൊന്നുമില്ലെന്ന് പറയില്ല സത്യൊന്നുമില്ലെന്ന ആര് പറയും സത്യമെന്ന് പറയുന്നൊന്നില്ലെന്ന് ആര് പറയും ഇവിടെ ഉദ്ദേശിക്കുന്നത് ശൂന്യവാദിയാണ് മനസിലായോ മനസ്സിലെടുക്കും വളരെ പറയുന്നില്ല ശൂന്യവാദികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാർജുനെ അങ്ങനെ പറയാൻ പാടില്ല അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയാണ് തദ്ധി സത്യം അധിഷ്ഠാനമായിരിക്കുന്ന അസത്യം ണ്ടാവുന്നില്ല എന്നാണ് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ രജ്ജു അപേക്ഷികമായൊരു സത്യമാണ് ആ രജ്ജു അധിഷ്ഠാനമായിരിക്കുന്ന സർപ്പം ഉണ്ടാവണമെങ്കിൽ രജ്ജു വേണം രജ്ജുമില്ല അങ്ങനെ സർപ്പം ഉണ്ടാവും ഭ്രാന്തി ഇതാണ് ആരുടെ യുക്തി അദ്വൈതീകളുടെ മനസിലായോ അത് എന്താ അങ്ങനെ ഒരു വ്യക്തി പറയുന്ന ചോദിച്ചു കഴിഞ്ഞ നോക്ക നമ്മളീ പ്രപഞ്ചത്തെ ഏതോട് നോക്കുക എല്ലാം നശിച്ചുപോകും എല്ലാം നശിച്ചുപോകുന്നു അനിത്യമാണ് അത് പൊതുവെ എല്ലാവരും അംഗീകരിക്കാനുള്ള കാര്യമാണ് തർക്കമുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് നശിച്ചു പോകും നശിക്കാത്തത് പരമാവണ കൊണ്ടുപോകാ ശരി സമ്മതിക്കാം ബാക്കി കാണുന്നതൊക്കെ നശിക്കുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ നാശത്തല്ല പറയുന്നു പിന്നെ എന്തിനാണ് പറയുന്നത് അസത്യം അസത്വം എന്ന് പറയുമ്പോ മിഥ്യ മനസ്സിലായോ മിഥ്യയായ ഒന്ന് നിലകണമെങ്കിൽ അതിനധിഷ്ഠാനമായി സത്യം വേണം എന്നാ പറയുന്നു മിഥ്യയായ സർപ്പം നിലകണമെങ്കിൽ അതിനധിഷ്ഠാനമായിട്ട് സത്യം വേണം അങ്ങനെയാണെങ്കിൽ മിഥ്യയായ ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അതിനെന്ത് വേണം സത്യമായ ബ്രഹ്മം വേണം എന്നാലേ മിഥ്യയായ പ്രപഞ്ചം നിലകത്തും അദ്വികയുടെ യുക്തിയാണ് പറയാം മിഥ്യയായ പ്രജ്വല സർപ്പം സത്യമായ ആപേക്ഷിക സത്യമായ കയറ് ഉണ്ടായി നീ പറയുന്നത് ശരിയാണോ തെറ്റാണോ പൂർണമായിട്ടും ശരിയാണോ ശരിയാണ് അങ്ങനെയാ നമ്മള് കാണുന്നല്ലേ കയർ കിടക്കുന്നു അവിടെ സർപ്പം ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു അപ്പൊ ആ കയറിനെ ആശ്രയിച്ചല്ലേ സർപ്പം ഉണ്ടായത് മിഥ്യയായ സർപ്പം അതിങ്ങനെ സങ്കല്പിക്കുന്നു കാര്യമാണ് പറയുന്നു ഭ്രമം ഉണ്ടാവണെങ്കി അധിഷ്ഠാനം വേണോന്നാ പറയുന്നു അതെന്താണോ ശരിയല്ലേ ഉദാഹരണത്തിൽ ആ ഉദാഹരണത്തിൽ രജ്ജുവും സർപ്പവും രണ്ടിനെയും കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം രജ്ജു സത്യമാണ് സർപ്പം മിത്യാണ് പിന്നെ പ്രശ്നം വരുന്നത് എവിടെയാണ് ആ ബ്രഹ്മെന്ന് പറയുന്ന ഒരു സത്യം ഇത് ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മന്ന് പറയുന്ന ഒരു സത്യം അതിലാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യ എന്ന് എങ്ങനെ പറയാൻ പറ്റും അത് ശെരിയാണ് മനസിലായോ ഈ കാണുന്ന രജ്ജവല സർപ്പാദി ശരി തന്നെയാ സർക്കം ഒന്നുണ്ടാർക്കും അതങ്ങനെ ആയതുകൊണ്ട് സത്യമായ ബ്രഹ്മത്തിലാണ് മിഥ്യയായ പ്രപഞ്ചം എന്ന് പറയാൻ പറ്റൂ പിന്നെ അങ്ങനെ ആരാ പറയുന്നത് ഏ അദ്വൈതി അങ്ങനെ പറയുന്നില്ല അങ്ങനെ ഭ്രാന്തിയാണ് അദ്വൈതി അങ്ങനെ ഒരിക്കലും പറയുന്നില്ല എന്താണ് രജവിലെ സർപ്പം പോലെ രജവിൽ സർപ്പം മിഥിയായി അനുഭവപ്പെടുന്നു സത്യമായ രജവി അതുപോലെയാണ് ബ്രഹ്മത്തിൽ മിഥ്യയായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ കാണുന്നുണ്ട് E God God. ും സത്യമായിട്ടൊന്നുണ്ട് അതിലാണ് മിഥ്യായ പ്രപഞ്ചം കാണുന്ന അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്വൈതിക്കില്ല ഉണ്ടോ അത് അദ്വൈതം പഠിച്ചതിന്റെ കുഴപ്പമുണ്ട് അങ്ങനെ അദ്വൈതിക്ക് ഒരു കാഴ്ചപ്പാടേ ഇല്ല ഇല്ലെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ ആ ഒരു കാഴ്ചപ്പാട് മാറി അങ്ങനെ അദ്വൈതി അങ്ങനെ ഒരിക്കലും പറയില്ല എന്താണ് അദ്വൈതി എങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് ഈ പ്രപഞ്ചം മിഥ്യയാണ് അതിന് അടിസ്ഥാനമായി സത്യമായ ഒരു ബ്രഹ്മമുണ്ട് എന്ന് ഞങ്ങള് പറയാൻ കാരണം അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അതാണ് കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ സർപ്പത്തിന്റെയും കയറിന്റെ ഒക്കെ കഥ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ അതതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി മറ്റേ സംഗതി പറഞ്ഞിരിക്കുന്ന എവിടെ വേദത്തിൽ പറഞ്ഞിരിക്കും വേദത്തിൽ പറഞ്ഞിരിക്കുന്നോണ്ടാണ് ഞങ്ങളത് ഒരു സിദ്ധാന്തമായി പറയുന്നത് മറിച്ച് രജ്ജുവിലെ സർപ്പം മിഥിയാണ് ത്യമാണ് അതുകൊണ്ട് അതുപോലെ ബ്രഹ്മസത്യമാണ് പ്രപഞ്ചം മിഥ്യയാണെന്നല്ല ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നത് ബ്രഹ്മസത്യമാണ് എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ് എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞു അത് ഏതുപോലെ ഇരിക്കും അതിനൊരു ഉദാഹരണമായിട്ട് മാത്രമാണ് പറയുന്നത് എന്താണ് രജവും സത്യവും ഈ പറയുന്ന പരമാർത്ഥമായ സത്യം അത് വേദത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നാണ് അത് ശൃത്യാപത്തിന്റെ ഒരു പ്രമാണമേ ഇല്ല ശ്രുതി പ്രമാണം മറ്റേ അർത്ഥാപത്തിയെ കുറിച്ചായിരിക്കും പറയുന്നത് ശ്രുതിയാപത്തി എന്ന് പറഞ്ഞൊരു പ്രമാണമില്ല ശ്രുതി പ്രമാണമെന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം പറയുന്നത് അബ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അതാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത് മനസ്സിലായോ അതിൽ ഈ കാണുന്ന പ്രപഞ്ച മിഥ്യയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പഴയ വേദത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാ പഴയകാലത്ത് നോമാഡിൻസ് എന്ന് പറഞ്ഞറിയാമോ കേട്ടിട്ടുണ്ട് നോമാഡിൻസ് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് േട്ടയാടിയും പറക്കിത്തന്നും നടന്ന മനുഷ്യർ ഫലങ്ങളിൽ നിന്നല്ല മരങ്ങളിൽ നിന്നും വീഴുന്ന പ പഴങ്ങൾ പറക്കിത്തന്നും എരിയും പൂച്ചയൊക്കെ പിടിച്ചു ജീവിച്ചിരുന്ന മനുഷ്യർ അവരാണ് ആദിവാസികൾ അവര് പാടിയ പാട്ടാണ് ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മമാണ് സത്യം പ്രപഞ്ചം ഭിത്യാണ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും അതുകൊണ്ട് അവര് പാട്ടുപാഴിയപ്പോ പറഞ്ഞു എന്താണ് ബ്രഹ്മമാണ് സത്യം ലോകം ഭിത്യാണ് ഈ ആദിവാസികളുടെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നോണ്ട് നിങ്ങളത് അംഗീകരിക്കും ഇത്രയും മനുഷ്യൻ പുരോഗമിക്കുന്നു അത് ആദിവാസികളുടെ ഇടയിൽ ഗവേഷകന്മാരുണ്ടോന്നറിയാൻ ഇന്നത്തെ ആദിവാസികളുടെ ഇടയിൽ നോക്കിയറിയാം ഇന്നത്തെ ആദിവാസികൾ വല്ല ഗവേഷവും നടത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ പണ്ടത്തെ ആദിവാസികൾ എന്ത് ഗവേഷണം നടത്താനാ എവിടെയിട്ട് നടത്താനാ ഗവേഷണം നടത്താൻ വന്നവരെ ഉണ്ടോ വേദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത അതുകൊണ്ട് നിങ്ങൾ ഈ ബ്രഹ്മം സത്യമാണെന്ന് നിങ്ങൾ പറയുകയും വിശ്വസിക്കുകയും നാട്ടുകാരൻ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്യൂ ചെയ്യോ ഏ എന്താ ഒന്നുമുണ്ടുമുണ്ട് ഏഹ്മാത്രം ചിന്തയിൽ ചിന്താതരംഗത്തിൽ കൂടി വരുന്ന ഇത് പറയുന്നതിന് എന്താ ചിന്ത േദം പറയുന്നതിന് എന്താ ചിന്ത പാട്ടുപാടുന്നതിന് വയലിൽ പണിയെടുക്കുന്ന സ്ത്രീകള് പണ്ട് പാട്ടുപാടുന്ന കേട്ടിട്ടില്ല അവിടെ നയിക്കുന്നു അതാണ് ഇതാണ് ആ അതന്നെ പാട്ടുപാടും പഴയ ആൾക്കാർ അതിന് പാട്ടുപാടുന്നതിന് ചിന്ത അവര് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്തുള്ള ഈ ആദിവാസികൾ ഇങ്ങനെ നടക്കുമ്പോ അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടി നല്ല സൗകര്യങ്ങളൊക്കെ കിട്ടി വേറെ ആപത്തൊന്നും ഇല്ലായിരിക്കുമ്പോൾ അവർക്ക് സന്തോഷം വരും സന്തോഷം വരുമ്പോൾ അവർ നൃത്തം ചെയ്യും പാട്ടുപാടിയൊക്കെ ചെയ്യും എല്ലാവരുമില്ലാതെ കവികൾ കാണും അവർ പാട് എപ്പോഴും പാടാൻ പറ്റില്ല സന്തോഷമുള്ള പാടും ചിലപ്പോൾ ശത്രുക്കൾ അവരെ ഓടിക്കുകയായിരിക്കും മൃഗങ്ങൾ ഓടിക്കുകയായിരിക്കും അപ്പം പാട്ടൊന്നും പാടത്തില്ല ഏതെങ്കിലും ഗുഹയിലൊക്കെ ചെന്നിരുന്ന് വയറൊക്കെ നിറഞ്ഞ് രാത്രി തീയക്ക കൊള്ളി വേണ്ടി വന്ന ശകലം എന്തെങ്കിലും വാറ്റി കുടിക്കുകയും ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പാട്ടുകാടില്ല അതെല്ലാം അവൻ ഈ പകത്ത് കിടക്കുന്ന പുറത്തിറങ്ങിയോ അവനത് അടിച്ചിട്ടാണ് പാടുന്നത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ പാട്ട് വരും പണ്ടും വന്നിപ്പോഴും വന്നു ഈ വേടന്റെ പാട്ട് തന്നെയാണ് വേദം വേദം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വേടന്റെ പാട്ട് അതീ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ സത്യം എന്ന് പറയും പ്രപഞ്ച രഹസ്യം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ അറിയില്ല അംഗീകരിക്കും എല്ലാവർക്കും വെണ്ണോടിക്കുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ രാത്രി ഇങ്ങനെ പാട്ട് കേൾക്കാം വെണ്ണമോടിച്ചുകൊണ്ട് പാടുന്നു രാവിലെ എന്താ ചേട്ടാ ഇങ്ങനെ പാടിന്ന് ചോദിച്ചാൽ അത് ഓർമ്മയില്ലടേ അപ്പൊ കുറച്ച് അകത്തി പാടിപ്പോയാണ് എന്നതൊന്നു ചോദിക്കരുത് എല്ലാവരും പാടും വെള്ളം പഠിച്ച മൂടില് ആൾക്കാരൊക്കെ പണ്ടുകൊണ്ടത് പിന്നെ അവർക്ക് ഓർമ്മയില്ല അങ്ങനെയാണ് അല്ല ഇവരിപ്പം വെള്ളം പഠിച്ചു പാടിയൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പഴയ ആൾക്കാർ പാടിയാണ് ആദിവാസികള് പാടിയാണ് ആ പാട്ടിന് ഈ ജഗത്തിനെല്ലാം ആധാരമായിട്ടൊരു ബ്രഹ്മം ജഗത്ത് മിത്തി എന്ന് പറയാൻ പറ്റൂ വിശ്വസിക്കൂ എന്നിട്ടത് ആൾക്കാവെ പഠിപ്പിക്കും അതേ ചോദിക്കുന്നു ചെയ്യൂ എന്തെങ്കിലും ഒന്ന് പറയി ഞാൻ മുമ്പോട്ട് അത് ഈ പറയുന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് വേദം സംഭവം ഇതാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു അതെ നിങ്ങളൊക്കെ തങ്ങളെ വിശ്വസിക്കുന്നു വേറെ ആരും അന്വേഷിച്ചു പോകണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു നമ്മളെല്ലാവരും വിശ്വാസികളാണല്ലോ വിശ്വസിക്കുക അല്ലേ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് മാറ്റർ ഓഫ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് വിശ്വാസ നടത്തേ പിന്നെ തൈതിരിയൊക്കെ എടുത്തു പറഞ്ഞാൽ ആദ്യം അസ്ഥീന്നെ അസ്ഥി അസ്ഥിന്ന് പറയുന്ന അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറയുന്ന നിമിത്ത കാരണത്താ ജീവ ജീവരൂപേന അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അത് അവരവിടെ പ്രൂഫ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് തന്നെ നികേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എക്സിസ്റ്റൻസ് നമ്മള് വേദത്തിന്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കുന്നു നമ്മളെ നമുക്ക് തന്നെ നികേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇതൊക്കെ വേദത്തിലുണ്ടെന്ന പറയുന്നത് അതായത് അധിഷ്ഠാനമായിട്ട് ഒരു ബ്രഹ്മം ഈ പ്രപഞ്ചം മുഴുവൻ ഉപാധാന കാരണത്വ നിമിത്ത കാരണത്വ ജീവരൂപേന ജീവൻ പറയുന്നില്ല ബ്രഹ്മം തന്നെയാണ് പിന്നെ എന്താണ് പ്രവേശു അത് തന്നെ ഗുരുദേവൻ പ്രവേശി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആത്മകലാസ്മൃതി അഹവിധി പ്രത്യന്തരങ്കി അങ്ങനെയൊക്കെ ഭാര്യ ശക്തിയാണ് വേദത്തിന്റെ കാര്യല്ലേ പറയുന്നു ഉടനെ അങ്ങോട്ട് പോയി വേദത്തിന്റെ കാര്യം കഴിച്ച് അത് വിഷയം മാറിപ്പോകും നമ്മള് വേദത്തിന് നീക്കണം വേദത്തിൽ ആദിവാസികളുടെ പാട്ടിൽ നിന്ന് വന്നതല്ല ആദിവാസികളുടെ പാട്ട് അത് മനസിലാക്കുന്നതിന് എന്താ വലിയ ബുദ്ധിമുട്ട് വേണു നമ്മളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ പൂർവികന്മാർ അവർ പാട്ട് കഴിഞ്ഞാൽ ആദിവാസികളൊന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് മാനിഫെസ്റ്റഡ് വേദംസോ വേദവും ആദ്യം എന്തോ ഇല്ലായിരുന്നു അത് മനുഷ്യന്റെ ചരിത്രം അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട് മനുഷ്യങ്ങനെ ഉണ്ടായി പരിണാമത്തിലൂടെ ഉണ്ടായതാണ് ഹ്യൂമൻഷൻ ഒക്കെ എവിടെ അറിയണം അത് നിങ്ങളുടെ വിശ്വാസം അതൊന്നും പറഞ്ഞാൽ വേദത്തിന്റെ ഈ കാര്യത്തിൽ നിൽക്കത്തില്ല അത് വിഷയം മാറിപ്പോയി വേദത്തിന്റെ കാര്യത്തിൽ ആദ്യം തീരുമാനം വരും വേദത്തിൽ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പറയണെങ്കിൽ അടുത്ത ചോദ്യത്തിന് സമാനം പറയണം അതെന്തേ അപ്പൊ അതിലിതൊക്കെ പറയുന്നു എന്നാണോ പറയുന്നത് സമ്മതിച്ചോ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം എന്ന് പറയുന്നത് ഇത് വേദത്തിൽ ഇതൊക്കെ നിങ്ങൾ പറയുന്നു നിങ്ങളൊക്കെ നേരെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ നിങ്ങളെക്കാളും നല്ലവണ്ണം സംസ്കൃതം പഠിച്ച ആളാണ് രാമാനുജൻ പുള്ളി പറയുന്ന വേദത്തിൽ ഇങ്ങനെയൊന്നും പഠിച്ചിട്ട് പറയുന്നു എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ പറയും നിങ്ങളൊക്കെയാണ് സംസ്കൃതം എന്ന് അറിയാം എഴുതി വെച്ച് എന്താണ് നിങ്ങളീ പറയുന്ന പോലെ ഇതിനെല്ലാം ആധാരമായിട്ടൊരു ബ്രഹ്മോ അതിന്റെ മിഥ്യായ പ്രപഞ്ചോ അങ്ങനെയൊന്നും വേദത്തിൽ ഇല്ല അങ്ങനെ വേദത്തിന്റെ അർത്ഥം ഇല്ലെന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പല അർത്ഥങ്ങളുണ്ടെങ്കിൽ ഏതർത്ഥമാ ശരി അപ്പൊ ഇത് വേദത്തിലുള്ളതല്ല ഈ പറയുന്ന എന്താണ് വേദം വ്യാഖ്യാനിച്ച ശങ്കരാചാര്യ എഴുതി വെച്ചാണ് വേദത്തിലുള്ളതല്ല അപ്പൊ ഇതിനൊന്നും പ്രമാണം വേദമല്ല പിന്നെ ആരാണ് ശങ്കരാചാര്യരാണ് മനസ്സിലാക്കി അപ്പൊ ഇത് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന മുഴുവൻ ശങ്കരാചാര്യ എഴുതി വെച്ചാണ് അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് വേദമല്ല വേദത്തിന്റെ എന്റർപ്രിട്ടേഷനാണ് അവിടെയാണ് പറയുന്നത് എന്താണോ ബ്രഹ്മം അടിസ്ഥാനപരമായിട്ടുണ്ട് അവിടെ ഈ ജഗത്തെല്ലാം കല്പിതമാണെന്ന് പറഞ്ഞിരിക്കുന്നു അക്കാര്യമാണ് കൂടെ പറയുന്നത് അങ്ങനെ വ്യാഖ്യാനി ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് കൊണ്ട് പിന്നെന്താണ് ഇത് അംഗീകരിക്കുന്നത് അല്ല ഇനി ഇങ്ങനെ പറയണു ജ്ജുവൽ സർപ്പമുണ്ട് രജ്ജു സത്യമാണ് സർപ്പം സത്യമാണെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയാണ് സത്യമായ ബ്രഹ്മവും അതുപോലെ മിഥ്യയായ പ്രപഞ്ചവും നമ്മുടെ അനുഭവത്തിൽ ഇല്ല രജ്ജു സർപ്പം പോലെ നമുക്ക് അനുഭവത്തിലുള്ള ആകെ ഈ പ്രപഞ്ചമാണ് ഇത് മിഥ്യയാണെന്ന് നമുക്ക് അനുഭവിച്ചത് ഇത് നമ്മളുടെ ഇത് ജീവ സൃഷ്ടിയും മറ്റേത് ഈശ്വര സൃഷ്ടിയും അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഇന്റർപ്രിട്ടേഷൻ രജ്ജു സർപ്പം നമ്മുടെ അനുഭവമാണ് ആരും വ്യാഖ്യാനിക്കുന്നതെന്താ രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അനുഭവം അതുപോലെ ബ്രഹ്മത്തിൽ ജഗത്ഭ്രാന്തി നമുക്ക് പിന്നെ എന്താണ് അതുപോലെ തന്നൊന്നും പറയാൻ പറ്റില്ല ശങ്കരായ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് സത്യം ഇത്രയേ പറയാൻ പറ്റും വേറെ ഏതോ സമാധാന അക്കാര്യമാണ് വേദത്തിൽ അങ്ങനെ വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശങ്കരാചാര്യേ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദത്തി ഉണ്ടെങ്കിൽ രാമാനുജനും മധുനും ഒക്കെ കാണണം അവരാരും കണ്ടില്ലല്ലോ ഞാനേ കണ്ടിട്ടുള്ളു വേറെ ആരും കണ്ടിട്ടില്ലെന്നോ ഞാൻ ശെരിയാവും അങ്ങനെ പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും അങ്ങനെ ഒരർത്ഥമുണ്ടെങ്കിൽ എല്ലാരും കാണണ്ടേ അപ്പൊ ഇത് ശങ്കരാചാര്യ പറയുന്ന കാര്യമാണ് പറയുന്നത് എന്താണോ ഈ ജഗത്ത് മിഥ്യയാണ് അതിനധിഷ്ഠാനമായ ഒരു ബ്രഹ്മുണ്ട് അത്രേ ഉള്ളൂ അത് വ്യാഖ്യാനിക്കുന്നു അതിന് വേറെ യുക്തിയൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഒരു ചെറിയ യുക്തി പോലെ പറയുന്നത് എന്താണോ മിഥ്യയായ ഒന്നിന് സത്യമായൊരു ആധാരം വേണം എന്ന് പറഞ്ഞാൽ അത് രജസർപ്പത്തിലൊക്കെ മനസ്സിലാക്കാം മിഥ്യയായ സർപ്പത്തിന് സത്യമായ ലജ്ജു പക്ഷെ ബ്രഹ്മത്തിൻ്റെയും പ്രപഞ്ചത്തിന്റെയും കാര്യത്തിൽ നമുക്ക് ഒന്നും അനുഭവമുള്ള കാര്യങ്ങളല്ല മറ്റേ അനുഭവമുള്ള അതങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയാകണമെന്നൊന്നും പറയാൻ പറ്റില്ല ലജ്ജി സർപ്പം അതുകൊണ്ട് പ്രപഞ്ചം അങ്ങനെ മിഥ്യയാവും പറയാൻ പറ്റത്തില്ല കൊണ്ടാണ് പറയുന്നത് സിദ്ധാന്തങ്ങളാണ് സിദ്ധാന്തം പറയുകയാണെങ്കിൽ അതിന് വേറെ പ്രത്യേകിച്ച് യുക്തിയൊന്നും പറയാനില്ല ൾക്കാര് പറയും എന്താണോ അദ്വൈതം സമർത്ഥിച്ചിരിക്കുന്നത് യുക്തി കൊണ്ടാണ് ഇതൊന്ന് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റി എന്താ യുക്തിയുക്തി അനുഭവം യുക്തി എന്താണെന്ന് പറയുന്നത് രജിസർപ്പം യുക്തിയാണ് രജിസർപ്പ അനുഭവമാണ് യുക്തിയല്ല അനുഭവമാണ് നമ്മളെ അനുഭവിക്കുന്നതാണ് അത് ശരിയാണ് അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ അത് രണ്ടു തുമ്പോൾ എന്താ ബന്ധം മണ്ണിൽ നിന്ന് അവിടെയാണെങ്കിൽ പറയുന്നതാണ് മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകുന്നു നമ്മുടെ അനുഭവമാണ് മണ്ണെടുത്ത് കുഴച്ച് കൊളച്ചു കഴിഞ്ഞാൽ അത് കുടം ഉണ്ടാകും അത് നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് അത് ശെരിയാണ് ളിയുണ്ട് അതായത് ഈ ഗുണമുണ്ടാകുമ്പോൾ അത് മണ്ണ് തന്നെയാണ് അതിന് നാമരൂപണതുള്ളൂ അപ്പൊ ഈ എന്ന് പറയുന്നതും ബ്രഹ്മം തന്നെയാണ് നാമരൂപങ്ങളെ നാമരൂപങ്ങൾ കൊണ്ട് നമ്മള് വലിയെന്ന് മാത്രമേ ഉള്ളൂ അത് ബ്രഹ്മം തന്നെയാണെന്നുള്ളൊരു പോയിന്റ് വരുന്നുള്ളു ഈ പറയുന്ന പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതേ അതായത് ഒന്നുകൂടെ ഒന്നുകൂടെ ചിന്തിച്ചു കൊണ്ട് മണ്ണിൽ നിന്ന് എന്താണ് കുടം ഉണ്ടാക്കി കുടത്തിന് നാമ രൂപമുണ്ട് മണ്ണില് നാമരൂപം ഇല്ല അതുകൊണ്ട് മണ്ണ് സത്യമാണ് കുടം മിഥ്യയാണ് ഇതല്ലേ പറഞ്ഞു വരുന്നത് ഇതിലാർക്കും ഒരു തർക്കമുള്ള കാര്യമല്ല അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായത് നിങ്ങൾ ആരെങ്കിലും കണ്ട ആരെങ്കിലും ഉണ്ടാക്കിയാണെന്നെങ്കിലും അതാണ് പൊട്ടന്മാര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പറയുന്നത് സത്യമാണ് മണ്ണിൽ നിന്ന് ഉടമ ഉണ്ടാവും അതിനൊരു തർക്കവും ഇല്ല അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സത്യമൊന്നും മിഥ്യയെന്നോ എന്ത് വേണോ പറഞ്ഞ് തർക്കിക്കാം ഒരു പ്രശ്നമില്ല മനസ്സിലായോ പക്ഷെ മണ്ണിൽ നിന്ന് ഉടമുണ്ടാക്കിയതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാക്കുന്ന ആരുണ്ട് ഇതൊക്കെ പറഞ്ഞ് പൊട്ടന്മാരെ പറ്റിക്കും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളോ പോയി ഇനിയെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെ വഴിതെറ്റിക്കരുത് ഈ പറഞ്ഞ ശരിയാണ് മണ്ണിൽ നിന്ന് അതായത് മടൽ നിന്ന് കുടവുണ്ടാകുന്ന നമുക്ക് പ്രത്യക്ഷമായൊരു സംഭവമാണ് തർക്കമുള്ള ഒരു കാര്യമല്ല ആരും തർക്കിക്കുന്നില്ല പിന്നെ കുടസത്യമാണ് നിത്യം അതൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷെ മടൽ നിന്ന് കുടകുണ്ടാകുന്നു എന്ന് പറയുന്ന നമുക്ക് പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായത് ആരും ആരെങ്കിലും കണ്ടോ എന്തെങ്കിലും അനുഭവം ഉണ്ട് അപ്പൊ അല്ല അബദ്ധം നോക്കണം നമുക്ക് അനുഭവമുള്ള ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരു അനുഭവില്ലാത്ത ഒരു കാര്യത്തെ സമർത്ഥിക്കണം ഏറ്റവും ഒന്നുമില്ലാത്തൊരു കാര്യം നമുക്ക് ശരിക്കും അനുഭവമുള്ള ഒരു കാര്യം വച്ചിട്ട് നമുക്ക് യാതൊരു അനുഭവം ഇല്ലാത്ത ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നു അവിടെയും ചോദ്യം ഭരിച്ചിട്ട ഇതെന്തോന്നു മണ്ണിൽ നിന്ന് ഉടമ ഉണ്ടാകുന്ന നമുക്ക് അനുഭവം ഉണ്ടല്ലോ അതുപോലെ ഈ ചോദ്യം ചോദിക്കും ഈ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവുന്നവരെ അനുഭവം ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്താ ഇത് പറയുന്ന പറയും ആ അത് പറഞ്ഞു തരാം എങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവും എന്ന് വേദം പറഞ്ഞിട്ടുണ്ട് ശ്രുതി പ്രമാണം വേദം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ മിഥ്യയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത് അത് മനസ്സിലാക്കണം എന്ത് ചെയ്യണം മണ്ണും കൊടുങ്ങും എടുക്കണം അപ്പൊ നമുക്ക് അനുഭവമുള്ള ഒരു ഉദാഹരണം എടുത്തിട്ട് നമുക്ക് അനുഭവം ഇല്ലാത്ത ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എന്തിനാ കൂട്ടുപിടിക്കും അത് തന്നെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദത്തിനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പറയാ ഇത് പറയും അപ്പോ ശരി ഇങ്ങനെയൊക്കെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അവിടെയാണ് വിശ്വാസം വരുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണെന്ന് നമ്മളെ വിശ്വസിച്ചു നോക്കാം ഇങ്ങനെയാണ് വേദ അദ്വൈതത്തിന്റെ പോക്ക് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചാലേ അദ്വൈതം നമുക്ക് മനസ്സിലാക്കാൻ വേറെ യുക്തി ഒന്നുമില്ല വേദത്തെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണത് ആദിവാസികളുടെ പാട്ടാണ് ഹ്യൂമൻ എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ മനുഷ്യർ പറഞ്ഞതാണ് ഇതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞോക്കെ അവിടെ പറയും അത് ആദിവാസികളുടെ പാട്ടെന്നുള്ളത് ദൈവം പറഞ്ഞാണ് പ്രശ്നം തന്നെ ദൈവം പറഞ്ഞു അങ്ങനെ മനസ്സിലാകും വിശ്വസിക്കുന്നു ചോദിക്കും അപരുഷീയമായിട്ട് അംഗീകരിക്കുന്നത് ഇവൻ പിന്നെ ഉപനിഷത്തു പോലും അത് ശരിയാണോ പറഞ്ഞിട്ടുണ്ട് ഷട്ടമ്പിസ്വാമി ഭേദാധികാര നിരൂപണത്തിൽ തുടങ്ങുമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അതൊക്കെ മനുഷ്യ എഴുതിയാണ് എന്താ അത് ദൈവം പറഞ്ഞത് ഗുരു അഭിപ്രായം എന്താ പറയും ബോധമുള്ള എല്ലാവരും അത് തന്നെ പറയും പക്ഷെ ദൈവം പറഞ്ഞു എന്ന് വിശ്വസിച്ചാല് നിങ്ങൾക്ക് ഇതൊക്കെ സമർത്ഥിക്കാൻ പറ്റും അദ്വൈതം നിലകണമെങ്കിൽ അത് ദൈവം പറഞ്ഞാവണം എന്ത് അവസാനം അവിടെ ചെന്നയിക്കണം വേദത്തിൽ വേദമന്ത് വേദം എങ്ങനെ ശരിയാകുമ്പോൾ ദൈവം പറഞ്ഞുകൊണ്ട് ശരി ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനപരമായ സ്ട്രക്ചർ ഇത് മനസ്സിലാക്കി വേണം അദ്വൈതം പറയാനും പ്രസംഗിക്കാനും ഇന്ന് പറയാൻ പറ്റൂ വേദം ദൈവം പറഞ്ഞാണ് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ളവർ അംഗീകരിക്കും യപരൂഷം പഠിച്ച ആൾക്കാർ ആരെങ്കിലും അംഗീകരിക്കും പ്രശ്ന പിന്നെ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല കേൾക്കാൻ പറ്റുന്നവർക്കും അറിയത്തില്ല അതുകൊണ്ട് അറിവില്ലായ്മ പിടിച്ചിരിക്കുന്നത് അവരും അറിയത്തില്ല കാരണം അവർക്ക് ഒന്നും അറിയത്തില്ല ജനങ്ങൾക്ക് ഇങ്ങനെ കുറിച്ചൊന്നും ഒരു ധാരണയുണ്ട് അപ്പൊ നമ്മൾ ആയിട്ട് ബ്രഹ്മതെങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതായിട്ട് കണ്ടോ കുടത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകും പോലെ പറയുമ്പോൾ ആൾക്കാരുടെ ചെറുത്തുമ്പോൾ മണ്ണിനും കുടത്തിനും ഒക്കെ അങ്ങനെ നിന്ന് അങ്ങ് പോവും അതിൽ ചുറ്റിപ്പറ്റി അവന്റെ ബുദ്ധിയോ പോവും അതിന് വേറെ അവന് ചിന്തിക്കാൻ പറ്റില്ല അതെ മണ്ണും കുടവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ നിൽക്കും അതിൽ ചിന്തിച്ച് തന്നെ അവന്റെ ആംപിയർ എല്ലാം തീരും അതിനപ്പുറത്തോട്ട് അവന് പോവാൻ പറ്റത്തില്ല നമ്മള് ഇത്രയും വർഷങ്ങൾ പോലെ ചിന്തിച്ചിട്ട് നമുക്ക് പോവാൻ പറ്റില്ല പിന്നെയാണോ ഇന്ന് ഇന്നത്തെ ദിവസം ക്ലാസ്സിന് വന്നിരിക്കുന്നു അവനെന്ത് ചിന്തിക്കാൻ പറ്റും അവൻ അംഭം രാഭണന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും ഈ സാമി പറഞ്ഞ ഭയങ്കര കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും അതുപോലെ തന്നെ ഇനിയും പറയുന്നു അതുപോലെ തന്നെ പറയുന്നു അങ്ങനെ കൂടുതൽ അങ്ങനെ അഴിച്ചുപിരുത്തിടരുത് ഞാനീ പറയും പറയ ജീവിക്കണോ ജീവിച്ച പോലോ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ പറയണം ഇപ്പം ഭാവതികാരെ ഇത് എഴുതി വെച്ചോണ്ടില്ലേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു ഇത് നമ്മള് പഠിച്ച് ചിന്തിച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി കയറി കയറി കയറി ചെല്ലുമ്പോ അവസാനം എന്തുപോലെയാവും ഉള്ളി ൊലിക്കരുത് കൊറച്ചി പുറത്തു പോലിക്കരുത് കൊറച്ചിഞ്ഞിട്ട് പുറത്തു നിന്ന് വെച്ചു ഒന്ന് രണ്ട് പാളിയൊക്കെ എടുത്ത് കണ്ണില് വെള്ളമൊക്കെ ഒന്ന് കണ്ണില് വെള്ളമൊക്കെ ഒന്നോച്ചു കറി വെച്ച കഴിച്ച് ഉള്ളിക്കറി കയറ്റ അങ്ങനെ ജീവിച്ചു പോണം മനസിലായ പിന്നെ ഇതൊക്കെ മനുഷ്യന്റെ ഒരു വിശ്വാസമാണ് വിശ്വാസത്തെ എങ്ങനെ പോകുന്നവർക്ക് പോകാൻ കുഴപ്പമൊന്നും വിശ്വാസം വേണമല്ലോ അപ്പൊ ഒരു വിശ്വാസം എന്നുള്ള ആണെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കാം നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസം വേണമല്ലോ വിശ്വാസ മനസ്സിന് വിശ്വാസം വേണം അതുകൊണ്ടല്ലോ ഓക്കേ ഇത്രയും മതി